നിങ്ങൾക്ക് എന്താണ് അനുവദനീയമായതെന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നു പറയുക നല്ല വസ്തുക്കൾ നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു അള്ളാഹു സുബഹാനുഹൂവറ്റ ആല നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ പരിശീലിപ്പിച്ച വേട്ടമൃഗങ്ങൾ പിടിച്ചു തരുന്നത് നിങ്ങൾക്ക് ഭക്ഷിക്കാം അതിൽ അല്ലാഹു സുബഹാനുഹൂവറ്റ ആലാവിന്റെ നാമം സ്മരിക്കുക നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക തീർച്ചയായും അല്ലാഹു സുബഹാനുഹൂവറ്റ ആല കണക്കുകൂട്ടുന്നതിൽ വേഗത്തിലുള്ളവരാണ്